സംസാരം വിദ്യ ആത്മന സംസാര ഗനാദു സർപ്പജതമലീനി വ്യാഖ്യാത്തു എദദഭിമോളനേതേതി പ്രജാതേ വചനം പ്രജാപതി ഉപദേശിക്കുമ്പോൾ ആദ്യം അക്ഷിപുരുഷനായിട്ട് ഉപദേശിച്ചു രണ്ടാമത് സ്വയം ജ്യോതിസായി സ്വപ്ന പുരുഷൻ മൂന്നാമത് സുഷബ്ത വണ പറഞ്ഞതിനെ രണ്ടാമത് മാറ്റി പറയുകയാണ് ചെയ്ത് ആദ്യം ഒന്ന് പറഞ്ഞ അത് കഴിഞ്ഞ് കുറവുവിഷം അങ്ങനെ പറഞ്ഞു മൂന്നും ഒന്നിനെ കുറിച്ചാകാൻ വഴിയില്ല അങ്ങനെയല്ല സർവപര്യായ ഓരോ അവസരത്തിനും ഭക്ഷ്യപുരുഷൻ എന്ന് പറയുമ്പോഴും സ്വപ്ന പുരുഷൻ എന്ന് പറയുമ്പോഴും സുപ്തനെന്ന് പറയുമ്പോഴും എല്ലാം എന്താ പറഞ്ഞത് ഏത് അമൃതം അഭയം ഏത് ബ്രഹ്മ എന്നാണ് അവിടെ എല്ലാം പ്രജാപതി പറഞ്ഞ അവസാനിപ്പിക്കുന്നത് അത് അമൃതമാണ് അഭയമാണ് ഏത് ബ്രഹ്മ പക്ഷപുരുഷനും അതാണ് സ്വപ്നപുരുഷനും അത് തന്നെ സുപ്തപുരുഷനും ഇവിടെ മാറ്റി പറഞ്ഞിട്ടില്ല ഒന്നിനെ തന്നെ പറയുന്നു മൂന്ന് തരത്തിൽ പറയും അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പുരുഷനെ അറിയേണ്ടത് ജാഗ്രത്തിലാണ് സ്വപ്ന സൃഷ്ടികളിലാഗ്രത്തിൽ അതിനെ പ്രത്യക്ഷമായി നിർദ്ദേശിക്കുന്നു സ്വ അനുഭവത്തിലോട് നിർദ്ദേശിക്കുന്നു അക്ഷപുരുഷനാണ് അക്ഷപുരുഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ് ന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവൻ അതാണ് പ്രജാപതി ഉദ്ദേശിച്ചത് ആദ്യം അത് കേട്ടപ്പോൾ അത് ഛായാപുരുഷനാണോ എന്നൊരു ഭ്രമമുണ്ടായെങ്കിലും അതിന് യുക്തികളിലൂടെ പറഞ്ഞു ഈ വേഷങ്ങളെല്ലാം ധരിച്ച് അലങ്കാരങ്ങളെല്ലാം ധരിച്ച് നോക്കുക അങ്ങനെ യുക്തികൾ പറഞ്ഞു ക്ഷിയിലൂടെ വിഷയങ്ങൾ ആഗ്രഹിക്കുന്നവനും അക്ഷിയെ ഗ്രഹിക്കുന്നവൻ ആയിരിക്കുന്നവൻ എന്നാണ് പ്രജാപതി ഉദ്ദേശിച്ചത് അതായാലും താല്പര്യം പക്ഷെ അത് പരിചയമുള്ള രീതിയിൽ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ അതും അഭയം അമൃതം എന്നാണ് അതിനെയും വിശേഷിപ്പിച്ചത് തുടർന്നെല്ലാം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഭൂമാവിനെ തന്നെയാണ് ഇവിടെയും പറയുന്നത് എന്നാണ് പ്രജാപതി വചനം സത്യം അതാണ് സത്യം എന്താണ് സത്യം എന്നുള്ളതാണ് അടുത്ത് ചിന്തിക്കുന്നത് പ്രജാപതി പറഞ്ഞതാണോ സത്യം അതേ നമ്മുടെ അനുഭവമാണോ സത്യം പ്രജാപതി ഛരൂപായ ഹൃദേഹി വചനം സത്യമേവേ പ്രജാപതി പറഞ്ഞു എന്നെല്ലാം പറയുമ്പോ സംശയം ഉണ്ടാവും എന്താ പ്രജാപതി എന്ന് പറയുന്ന ഒരാളും ഉണ്ടായിരുന്നു അയാൾ കണ്ടുപിടിച്ചതാണോ സംശയം ഉണ്ടാവും ഇത് പ്രത്യേകിച്ച് ആരുടെയും കണ്ടുപിടുത്തമല്ല വിദ്യ പ്രത്യേകിച്ച് ആർക്കും പ്രത്യേക അവകാശമൊന്നുമില്ല നമ്മൾ പറയുന്നത് പ്രജാപതി ഛത്മരൂപായ പ്രജാപതി എന്നുള്ള ഒരു നാട്യത്തിൽ ഇത് ശ്രുതിയുടെ വചനമാണ് ശ്രുതി എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രജാപതി പറയുന്നതിനൊന്നുമ്പോ ശ്രുതിയില്ല എന്നുവരും മുമ്പ് ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ ഭാഷകാരനത് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കഥകളും സംഭവങ്ങളും അന്ന് വ്യക്തികളായിട്ട് എടുക്കരുത് കാര്യങ്ങളെ മനസ്സിലാക്കി തരുന്നതിനുള്ള ഒരുപായം എന്നേ ഉണ്ട് ഒരു ഒരു ഇന്ദ്രനും ഒരു വിലോചന ഇതിനൊക്കെ ഒരു ചരിത്ര സംഭവങ്ങളായിട്ടൊന്നും എടുക്കരുത് അതുകൊണ്ടാണ് അതിനെ ഛത്മ എന്ന് പറയുന്നത് ഒരു വ്യാജം അങ്ങനെ ഒരു രീതിയിൽ പറയുന്നു വാസ്തവത്തിൽ അത് ശ്രുതി പറയുന്നു ശ്രുതി പറയുന്നതിനൊരാള് വേണ്ടി ശ്രുതി ശബ്ദമുണ്ട് ശബ്ദം പുറത്തു ഒരു വ്യക്തി വേണോ ആ പ്രജാപതി അത്രമാത്രം വേണമെങ്കിൽ അംഗീകരിക്കും പ്രജാപതിയിലൂടെ അശബ്ദം വന്നു അല്ലാതെ ഇവിടെ ശ്രുതി പറയുന്നത് ഇത് പ്രജാപതി പറഞ്ഞാണോ മുമ്പ് പറഞ്ഞു തുടക്കത്തിൽ തന്നെ പറഞ്ഞു പ്രജാപതിയുടെ വാക്യം പറയുന്നിടത്ത് തന്നെ പറഞ്ഞു അനുസൃതമായി ഇതിങ്ങനെ കേട്ടിട്ടുണ്ട് പ്രജാപതിക്ക് മുമ്പ് ഇതുണ്ടായിരുന്നു അതുകൊണ്ട് ഈ വിദ്യ അനാദിയാണ് ശ്രുതി അനാദിയാണ് അതാണ് ശ്രുതി അപ്പോരുഷയോ എന്ന് പറയുന്നത് ലഹനത്തിൽ പറയും അപ്പോരുഷൃതവും പ്രജാപുത്ത ഒരു വചനം ശ്രുതി അപ്പോരുഷയല്ലേ ശ്രുതി അപ്പോരുഷയോന്നെന്തുകൊണ്ടാണ് പറയുന്നു പ്രത്യേകിച്ച് അതിന് അവകാശന്നുമില്ല ഇത് നമ്മളെല്ലാത്തിനും പേറ്റന്റ് എടുക്കുന്ന കാര്യം പക്ഷെ ഇതിനങ്ങനെ ആർക്കും പെട്ടത്തില്ല കോപ്പി റേറ്റ് എല്ലാവർക്കും അവകാശമില്ല ഇത് അനാദിയായി ഇതിന്റെ ആള് കണ്ടെത്തിന്ന് പറയാൻ പയ്യോ ആ ഇതെന്റെ ഗുരു എന്റെ നിങ്ങൾ ഗ്രഹിച്ചോണം അല്ലെങ്കിൽ എന്റെ കാഷാത്കാരമാണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടോ എന്ന ആർക്കും പറയാൻ കഴിയില്ല വിദ്യ അനാദിയാണ് പ്രത്യേകിച്ച് അവകാശികളില്ല പ്രത്യേകിച്ച് ഇന്നാരുടെ എന്ന് പറയാൻ വയ്യ അതുകൊണ്ട് ശ്രുതി എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്താണ് ശ്രീയതെ ഇങ്ങനെ കേൾക്കുന്നു എന്നെയാണ് വിധിശ്രുതി എന്നാ ഇങ്ങനെ പറഞ്ഞു വരുന്നു അനുശ്രമ പൂർവേഷണം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇതിനെ പ്രത്യേകിച്ച് അങ്ങനെ ആക്കിയതില് അധികാരവും അവകാശവും സ്ഥാപിക്കാൻ ആക്കത്തില്ല അതുകൊണ്ട് ശ്രുതി അപ്പോരുഷയോന്ന് പറയും നമ്മൾ ധരിക്കുന്ന പോലെ അപ്പോരുഷയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പറഞ്ഞതല്ല എന്നുള്ള അർത്ഥത്തില്ല മനുഷ്യര് തന്നെ പറയുന്നത് പക്ഷെ അതിനൊരു തുടക്കമില്ല ഇന്നയാണെങ്കിൽ അത് തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല അതാണ് അപ്പൊരുഷയോ എന്ന് പറയുന്നത് ഇത് ഞാൻ കണ്ടുപിടിച്ച് പറയുന്നതാണെങ്കിൽ പൗരഷീയമാണ് പക്ഷെ എന്തിനത് വന്നു ചേരുന്നതാണെങ്കിൽ എങ്ങനെ ഇത് പൗരഷീനമാണോ അതെവിടെ നിന്ന് മറ്റൊരാളിൽ നിന്ന് അത് മറ്റൊരാളിൽ നിന്ന് അതിങ്ങനെ വരുന്നു മതിയാണ് അവിടെ എവിടെ പൗരക്ഷേത്വം വരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി തിരികും ഒന്ന് പൗരുഷയും മറ്റൊന്ന് പൗരുഷയും പൗരുഷയെന്ന് പറയുന്നത് സാഹിത്യം കാളിദാസനും അതുപോലെയുള്ള കവികളും മറ്റു എഴുതിയിട്ടുള്ളതൊക്കെ പൗരുഷയെന്ന് അതിനെന്താ വ്യത്യാസം അവിടെ എന്ന് വെച്ചാൽ അവരുടെ ഭാവന ഭാവന ഉള്ളവരോന്ന് കണ്ടെത്തുകയാണ് അവരുടെ ബുദ്ധിയുടെ സൃഷ്ടിയാണ് ഭാവന ബുദ്ധിയുടെ സൃഷ്ടിയാണ് കർത്തൃത്വുണ്ടവിടെ ഇതങ്ങനെയല്ല ഒരു അനുഭവം അനുഭൂതി വചനം അതിൽ കർത്തൃത്വമുണ്ടല്ലോ അനുഭവത്തിൽ കർത്തൃത്വമുണ്ട് അത് പരമ്പരയായി ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെയാണ് പൗരുഷയത്യം അപൌരുഷയും വരുത്തിയിരിക്കുന്നത് അല്ലാതെ മനുഷ്യൻ പറഞ്ഞാലർത്ഥത്തില്ല കാരണം വേദമന്ത്രങ്ങളിലെ ഋഷിമാരെ കുറിച്ച് പറയുന്നു ഋഷിമാര് തന്നെയാണ് പക്ഷേ കുരി ഋഷി ദർശന അവരത് കണ്ടെത്തിയതാണ് അല്ലെങ്കിൽ അവർക്കത് വെളിപ്പെട്ടതാണ് അവരതിന് കത്തൃത്വത്തെടുക്കുന്നുണ്ട് അവരുടെ ഭാവന എന്താന്നു ഭാവന എന്ന് പറയുന്നവരോരുത്തർ കണ്ടെത്തുന്നു അതുകൊണ്ടിവിടെ പറഞ്ഞ ശ്രുതിർവചനം സത്യമേവിയെ അതുകൊണ്ട് ഏത് അഭിയമൃതം എന്ന് പറഞ്ഞത് സത്യമാണ് സർവപര്യേഷു സർവത്ര ഒന്നിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് യുക്തം അനുഭവമാണെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും തർക്കം കൊണ്ട് ഒരാളുടെ അനുഭവത്തെ വേറെ തർക്കം കൊണ്ട് നിഷേധിക്കാൻ പറ്റത്തും അങ്ങനെയാണെങ്കിൽ എല്ലാവരും പറയുന്നത് എന്റെ അനുഭവമാണ് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു തുടങ്ങിയ അത് തിരിച്ചറിയും ഭാവനയും അനുഭവത്തെയും തിരിച്ചറിയും പലപ്പോഴും നമ്മൾ ഭാവനകളെ അനുഭവം തെറ്റിദ്ധരിക്കും ഭ്രാന്തി നമ്മുടെ ഋഷി എന്ന് പറയുമ്പോൾ അഭ്രാന്തി ഒഴിഞ്ഞയാളാണ് അജ്ഞാനസം സൗകര്യങ്ങളില്ലാത്തയാളാണ് ഇത് ഭാവനകളല്ല ഭാവനയെന്ന് നമുക്ക് ഒരുപാട് പറയാൻ പറ്റും അനുഭവത്തെ തർക്കം കൊണ്ട് നിഷരിക്കാം ഭാവനകളൊന്നും അനുഭവം ഒന്നും തെറ്റിദ്ധരിക്കാനും പാടില്ല ഇതിന്റെയൊക്കെ ഈ മന്ത്രങ്ങളുടെയൊക്കെ താഴെ ഇതിന്റെ വ്യാഖ്യാന രൂപത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് ഭാവനകൾ എഴുതി വെച്ചിട്ടുണ്ട് അവരവർക്ക് തോന്നുന്നു അതെല്ലാം നമുക്ക് തർക്കം കൊണ്ട് നിഷേധിക്കാതെ ശരിയല്ല അനുഭവത്തിൽ നിലനിൽക്കുന്ന ഇതെങ്ങനെയല്ല ശ്രുതി അനുഭവമാണ് അങ്ങനെ തർക്കം കൊണ്ട് നിഷേധിക്കാൻ വയ്യ അനുഭവത്തെ എല്ലാവർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ല ഇതെന്റെ അനുഭവമാണ് എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു അനുഭവം ദോഷരഹിതമായിരിക്കും അവിടെ ഞാൻ സംശയാതി ദോഷങ്ങളില്ലാതെയാണോ നിങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത് എന്നാ സമ്മതിച്ചു മറിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് അനുഭവന്റെ ഭാവനയാണ് പുതർക്ക ബുദ്ധ്യ പുതർക്കം കൊണ്ട് നിഷ കിടക്കുന്നത് അസംബന്ധമാണെന്നോ നമുക്ക് പറയാൻ കഴിയത്തില്ല എന്തുകൊണ്ട് തത് ഒരു ദിവസ പ്രമാണം അനുഭവം നിങ്ങൾ എന്തിനാ അനുഭവത്തെ നിങ്ങൾ എന്തുകൊണ്ട് നിഷേധിക്കും അനുമാനം കൊണ്ട് സാധ്യമാകുന്നു കാരണം അനുമാനത്തിനും ആധാരമായിരിക്കുന്നത് അനുഭവമാണ് പ്രമാണങ്ങളിൽ പ്രഥമസ്ഥാനം കൊടുത്തിരിക്കുന്നത് അനുഭവത്തിനും ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് അനുഭവം നടക്കുന്നു തദോപരി ദരസ്യ ശ്രുതിയെക്കാളും ശ്രേഷ്ഠമായ പ്രാമാണ്യമുള്ള പ്രമാണാന്തരസ്യനൂപത്തെഹേ മറ്റൊരു പ്രമാണ ഒരാൾക്ക് പറയാം ഇത് ഗുരുവിന്റെ അനുഭവം മാത്രമല്ല ഇത് എന്റെ അനുഭവമാണ് എന്ന് പറയാം ശ്രുതി എന്ന് പറയുന്നത് അനുഭവം ശ്രുതിയാണ് ശ്രോത്രിയൻ പറഞ്ഞിപ്പോ വേദം പഠിക്കുന്നു അതുകൊണ്ടൊരാള് ശ്രോത്രിയനാകണമെന്നില്ല ശ്രോത്രിൻ സന്തോ അതീതേ വ്യാകരണമൊക്കെ അനുസരിച്ച് ശ്രോത്രിൻ എന്ന് പറഞ്ഞാൽ വേദം പഠിക്കുന്നവനാണ് പക്ഷെ ആധ്യാത്മികമായ അർത്ഥത്തിൽ വേദം പഠിച്ചവൻ ശ്രോത്രിനാവണമെന്നില്ല അതിന്റെ വേദം പഠിച്ച ഒരുപാട് കഴുതകൾ ഉണ്ടായത് വേദം പഠിക്കാത്ത ഒരാളുടെ ശ്രോത്രിനാകാം എന്തുകൊണ്ട് ശ്രുതി അനുഭവമാണ് അപ്പൊ അനുഭവത്തെയാണ് പറയുന്നതെങ്കിൽ അത് തന്നെ വേദം പറയും ഗുരുവാണെങ്കിൽ ശ്രോത്രീയനായിരിക്കണം അത് ശരിയാണ് പക്ഷെ അനുഭവം ഉണ്ടോ നാർത്ഥം അർത്ഥമറിയാതെ വേദം പഠിച്ചവനെന്നുള്ള അർത്ഥത്തിലല്ല ആ അർത്ഥത്തിൽ അതാണ് ഗുരുതരമായ പ്രമാണം അനുഭവം തന്നെയാണ് അതാണ് ശ്രുതി അതിനെ യുക്തിയുള്ള നിഷേധിക്കാൻ സാധ്യമല്ല അതിന് ആ വിഷയം തന്നെയാണ് ഇനി ഭാവനയാണെങ്കിൽ നിഷേധിക്കും എനിക്ക് കൊണ്ട് നിഷേധിക്കും പലപ്പോഴും നമ്മളുടെ അനുഭവത്തെ പകരം ഭാവനയെ സ്വീകരിക്കും ഭാവനകളെ അനുഭവം ഒന്ന് തിരിത്തിരി അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ കീഴിലും മനഃശാസ്ത്രവും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ആൾക്കാർ എഴുതി വെക്കുന്നത് ഇതൊക്കെ അതാ പറയുന്നു ഭാവനയാണ് അതെല്ലാം വിഷയം നിഷ്ഠമായ ചർച്ചകളാണ് ഇവിടെ പറയുന്ന ആത്മനിഷ്ഠമായ തത്വത്തെ പറയുന്നത് രണ്ടും ഇങ്ങനെ ഒന്നാകും എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം കണക്കും സയൻസ് ഇതും തമ്മിൽ എന്താ വ്യത്യാസം മനഃശാസ്ത്രം ഇതും തമ്മിൽ എന്താ വ്യത്യാസം എല്ലാം വിഷയം നിഷ്ഠമായ ചർച്ചകൾ ആത്മനിഷ്ഠമായ കാര്യം ഇത് രണ്ടും എങ്ങനെയാ ഒന്നാകുന്നു അതെല്ലാം മനുഷ്യന്റെ കണ്ടുപിടുത്തം കൗരഷേയമായ കാര്യങ്ങൾ ഇത് അപ്പോഷേ അവിടെയെല്ലാം മനുഷ്യന്റെ ഭാവന വിലാസം അങ്ങനെയല്ല അനുഭൂതി രണ്ടും ഇങ്ങനെ ഒന്നാകും ഗുരുദരസ്യ പ്രമാണ അന്തരസ്യനൂപത്തെ ശ്രുതിയെക്കാൾ മറ്റൊരു പ്രമാണം അവിടെയും തെറ്റിദ്ധരി ശ്രുതി എന്ന് പറഞ്ഞ ഒരുപാട് അസംബന്ധങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ശ്രുതി ആത്മനിഷ്ഠമായ കാര്യങ്ങൾ മാത്രമേ ശ്രുതിയായിട്ടെടുക്കാൻ പറ്റൂ പൂർവ്വോത്തരക്കണ്ഡങ്ങളെ മുഴുവൻ പ്രമാണമായിട്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഭാഷധാരൻ ഉത്തരകണ്ഡത്തെ വെച്ചുകൊണ്ട് പൂർവ്വകണ്ഡത്തെ നിഷേധിക്കുകയായിരുന്നു അതൊന്നും ആത്യന്തികമായി പ്രാമാണികമല്ല ആ ഒരു പരിധി വരെ അതിന് വേണമെങ്കിൽ സ്വീകരിക്കാം പ്രമാണന്തും ആ ആത്മനിശ്ചയ വേദം മുഴുവനും പ്രമാണമല്ലേ നീങ്ങി അഗ്നി എന്ന് തുടങ്ങുന്നത് മുതല അവസാനം വരെ പ്രമാണവും ആത്മനിശ്ചയ ആ ആത്മനിശ്ചയ നമ്മൾ ബ്രഹ്മസത്തിൽ ചർച്ച ചെയ്താണ് ആത്മനിശ്ചയ പര്യന്തം പോഷികാരംഭം അതുവരെ അതിനെയൊക്കെ നിങ്ങൾക്ക് പ്രമാണമായി സ്വീകരിക്കും അതുവരെ സയൻസും കണക്കും മനഃശാസ്ത്രവും എല്ലാം പ്രമാണമാണ് ആത്മനിശ്ചയത്തിൽ അതൊന്നും പ്രമാണമല്ല അതല്ല നിഷീല ലൗകികം തദ്ദേവീതം അതൊക്കെ ലൗകികം എന്ന് പറയും ലോകവിദ്യതമായ കാര്യങ്ങൾ പൗരുഷീയമായ കാര്യങ്ങൾ ലോകർക്കറിയാവുന്ന കാര്യം ആത്മവിദ്യ അങ്ങനെയുള്ളതാണോ ലോകർക്കറിയാവുന്ന കാര്യം രണ്ട് രണ്ട് കാര്യമാണ് അതുകൊണ്ട് ഇവിടെ തർക്കമൊന്നും കൊണ്ടുവരണ്ട ഇത് അനുഭവമാണ് ഈ അനുഭവം എന്ന് പറയുന്നിടത്താണ് വീണ്ടും തർക്കം വരുന്നു അനുഭവത്തിൽ തർക്കം കൊണ്ടുവരണ്ടെന്നാണ് പറഞ്ഞു പക്ഷെ അനുഭവത്തിൽ തർക്കം വരും അത് അനുഭവത്തിന്റെ ഒരു സ്വഭാവമാണ് അതത് പറയുന്നത് നനു പ്രത്യക്ഷം ദുഃഖാദി അപ്രിയവേതൃത്വം അമ്പി വിചാരി അനുഭൂയതയിൽ ചെയ്തു ഈ അനുഭവം സത്യം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ എന്തിനാണ് അനുഭവം സത്യം എന്ന് പറയുന്നത് കാരണം ഒന്നിനു സത്യം ഒന്നുണ്ടാ എന്തിനാണ് നമ്മൾ സത്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്തിനാണ് സത്യം എന്ന് പറയുന്നത് ഒരു അനുഭവത്തിന് ബാധയുണ്ടായില്ലെങ്കിൽ സത്യം എന്ന് പറയും ഒരു അനുഭവം ഒരിക്കലും ഇത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ സത്യം തന്നെ അല്ല അതെന്താ സത്യം അം വ്യഭിചാരി അനുഭൂതി രാഗം ദ്വേഷം കാമം ക്രോധം ഇതെല്ലാം ജനനം മുതല് മരണം വരെ ജാഗ്രത മുതല് സുഷൃത്തി വരെ ഇത് ഇങ്ങനെ ഒരു മാറ്റമില്ലാതെ ഇത് അനുഭവം അല്ലേ ഇത് സത്യമല്ലേ അപ്പൊ മാറ്റമില്ലാത്ത ഈ സത്യവും ഇങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്താ പറയുന്നത് വേറൊരു സത്യം അഹം ബ്രഹ്മാസ്മി അതാണ് സത്യം അങ്ങനൊരു അനുഭവം ഇല്ലല്ലോ എന്താണ് അവിടെ പ്രത്യക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രത്യക്ഷത്തിന് ഒരു മാറ്റം സംഭവിക്കുന്നുമില്ല എങ്കിൽ ഇതിനെയാണ് സത്യമായി സ്വീകരിക്കേണ്ടത് ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷവും ഒരു സാധാരണക്കാരന്റെ നിലയിൽ നിന്നുകൊണ്ട് ചോദിക്കണം മുമ്പൊക്കെ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ എല്ലാം വലിയ ദാർശനികന്മാരുടെ നിലയിൽ കൊണ്ടാണ് ദാർശനികനൊന്നും എന്ന് വെച്ചാൽ മുമ്പൊക്കെ ചോദ്യം ചോദിച്ചത് ഇനിയും കപിലനും പ്രണാതനും ഗൗതമനും ബൗദ്ധന്മാരും ചോദിച്ചത് ഇപ്പൊ അതൊന്നും ഇല്ലാത്തവരാണ് ചോദിക്കുന്നത് പ്രത്യക്ഷം ദുഃഖാദി അപ്രിയ വ്യക്തിത്വം ദുഃഖാദി അപ്രിയ വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ സൗദുക്ക അനുഭവങ്ങൾ ഇഷ്ടമല്ലെങ്കിലും അനുഭവിച്ചുകൊണ്ടിരുന്ന വേണ്ടെന്ന് വെച്ചാലും വീണ്ടും അനുഭവിക്കേണ്ടി വരുന്നു അവ്യഭിചാരി ഒരു മാറ്റമില്ലാതെ അപ്പൊ മാറ്റമില്ലാത്തതാണ് സത്യമെങ്കിൽ ഈ അനുഭവങ്ങളെല്ലാം സത്യമായി സ്വീകരിക്കണം അത് നിങ്ങൾ പറയുന്ന ഈ ഭൂമ നിങ്ങളുടെ അനുഭവമാണ് സംബന്ധം എന്ന് പറയുന്നത് പറഞ്ഞല്ലോ അനുഭവത്തിൽ തർക്കം പാടില്ല പക്ഷെ ഈ അനുഭവം നമ്മുടെ തർക്കത്തെ സാധൂകരിക്കുന്നതാണ് നിഷേധിക്കുന്നതും എന്തുകൊണ്ടിങ്ങനെ തർക്കിച്ചുകൂടാന്നു ജരാഗ്രഹിത് ജീർണോഹം ജാദോഹം ആയുഷ്മാൻ ഗൂരഹ കൃഷ്ണ മൃത ഇത്യാദി പ്രത്യക്ഷ അനുഭവത്തെഹേദിക്കുന്നു അത് ശരിയല്ല ഇതിനെല്ലാം മുമ്പ് തന്നെ സമാനം പറഞ്ഞിട്ടുള്ളതാണ് വിദ്വാന്റെ ചോദ്യങ്ങൾക്കും സമാധാനം പറഞ്ഞിട്ടുണ്ട് അവിദ്വാന്റെ സംശയങ്ങൾക്കും സമാധാനം പറഞ്ഞിട്ടുണ്ട് ഇത്തരം അനുഭവങ്ങളെ നിഷേധിക്കുന്നില്ല അത് ശരിയാണ് ജരാതിരഹിതോഹും അത് അനുഭവമാണല്ലോ നല്ല യുവാവായിരിക്കും പറയുന്നു എനിക്ക് ജരാദികളില്ല വാർദ്ധക്യമില്ല കുറച്ചു കാലം കൂടെ കഴിഞ്ഞിട്ട് പറയുന്നു ജീർണ്ണോഹം ഞാൻ തളർന്നു പോയി വൃദ്ധനായി അതെയാണ് എന്നെ പറയുന്നത് ജാതോഹം ഞാൻ ജാതനായി എന്ന് പറഞ്ഞാൽ ജനിച്ചവനായി എന്നുള്ള അർത്ഥത്തില്ലല്ലോ സമ്പന്നു ജാത അങ്ങനെയല്ല ഞാനെല്ലാം ഉള്ളവനായി വിദ്യുള്ളവനായി വിത്തമുള്ളവനായി ആയുഷ്മാൻ ആയുസ് ഉള്ളവനായി യശസ്സി ഇങ്ങനെ എല്ലാവരും പറയാറുണ്ടല്ലോ ഇതൊക്കെ അസംബന്ധമാണെന്നറിഞ്ഞാലും ഈ അനുഭവമാണെങ്കിലും എല്ലാവർക്കും ഉള്ളത് അതൊക്കെ മാനസിക തലത്തിലുള്ളത് ഗൗരവ കൃഷ്ണഹ ശാരീരികമായി ഞാൻ കർത്തവനാണ് വെളുത്തവനാണ് ഉമ്മളത്തഹും പറയും ഞാൻ നിസ്വനായി എല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ സമ്പത്ത് പോയി എൻ്റെ ശ്വസ് പോയി ആയുസ് പോയി ക്ഷീണിച്ച് രോഗം വന്നു ഇതെല്ലാം മനുഷ്യൻ്റെ ജീവന്റെ അനുഭവങ്ങളാണ് ഇത്യാദി പ്രത്യക്ഷാനുഭവങ്ങൾ ഈ പ്രത്യക്ഷാനുഭവങ്ങൾക്കെല്ലാം എന്താണ് സമാധാനം പറഞ്ഞത് ഈ അനുഭവത്തിന് സമാധാനമാണ് ഇവിടെ അദ്വൈത ശാസ്ത്രത്തിന് മുഴുവൻ പറയും അദ്വൈതത്തിന്റെ സാങ്കേതികമായ പക്ഷേ പറഞ്ഞ ം ദേഹ താതാത്മ്യം മനസ്സുമായിട്ടുള്ള താതാത്മ്യം ചൈതന്യത്തിന് ജഡവുമായിട്ടുള്ള താതാത്മ്യം അതാണ് ഇതിന്റെ ഉപപത്തി ഈ അനുഭവങ്ങളെല്ലാം മാറ്റമില്ലാതെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ ശരിയല്ല ശരിയാണ് ജാഗ്രത ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അമ്പിചാരി മാറ്റമില്ലാതെ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്തുകൊണ്ട് എപ്പോഴാണോ ഈ താദാത്മ്യം ഉള്ളത് അപ്പോഴും ഈ അനുഭവം അതിനാണല്ലോ ജാഗ്രത സ്വപ്നം സുഷൃതിയും മൂന്നിനെയും വിശകലനം ചെയ്യുന്നു എപ്പോഴും ഇതിന്റെ അനുഭവം ഉണ്ടെന്ന് പറയാൻ പറ്റും ജാദോഹം മൃദോഹം എന്ന് സദാ അനുഭവം അല്ലെങ്കിൽ പറയാൻ പറ്റും ഇത് അഭ്യുഭചാരിയാണ് മാറ്റമില്ലാത്തതാണ് സമാധിയിൽ അനുഭവിക്കുന്നുണ്ടോ അറിയും മൂർച്ചയിൽ അനുഭവിക്കുന്നുണ്ടോ ഇനി അനുഭവങ്ങളെല്ലാം സ്വപ്നത്തിലുണ്ടോ ഈ കഴിഞ്ഞ അനുഭവം ഇന്നുണ്ടോ പൂർവ്വക്ഷണത്തിൽ അനുഭവക്ഷണത്തിലുണ്ടോ ഇതെല്ലാം ചിന്തിക്കാതെ അല്ലേ പറയുന്നത് ഒരു മാറ്റമില്ലാതെ അനുഭവിക്കുന്നുതുക്കാതെ അനുഭവങ്ങൾ പോലും പ്രതിക്ഷണം ഭിന്നമായിട്ടാണ് മാറ്റമില്ലാതെയല്ല മാറിയിട്ട് അനുഭവിക്കുന്നത് സുഖമഹമാസം ഞാൻ മുമ്പ് സുഖമായിരുന്നു എന്നാണ് സുഖി ഞാനിപ്പ സുഖിയായിരിക്കുന്നു ഭവിഷ്യമീ നാളെ ഞാനങ്ങനെ ആയിത്തീരും ഇങ്ങനെ അനുഭവം മാറ്റം ഉണ്ടാകണി ഇങ്ങനെ വരും ഇന്നലെ ആയിരുന്നു ഇന്നാണ് നാളെ ആകുമെന്നൊക്കെ ഇങ്ങനെ വരും ഈ കാലഭേദം കാണിക്കുന്നത് അവസ്ഥാഭേദം കാണിക്കുന്നത് എന്താണ് ഈ അനുഭവങ്ങൾക്ക് മാറ്റം ഉണ്ടെന്നാണ് അതിലെന്താ തർക്കമുള്ളത് യുക്തി നുഭവങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം ഒരു സമാന സ്വഭാവം ഇന്നലെ അനുഭവിച്ച ദുഃഖമായിരിക്കില്ല ഇന്ന് അനുഭവിക്കുന്നു ഇന്ന് ചിലപ്പോൾ അതിനേക്കാൾ തീവ്രമായിരിക്കും തീവ്രതരമായിരിക്കും ചിലപ്പോൾ മന്ദമായിരിക്കും മന്ദതരമായിരിക്കും അതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ് സമാനതകളുണ്ടെങ്കിലും വ്യത്യസ്തമാണ് ഒന്നിനോടൊന്ന് വേർതിരിഞ്ഞു നിൽക്കുന്ന എന്നാലും ഇതെങ്ങനെ എന്തെല്ലാം നോക്കുന്നു എൻ്റെ ഉപപത്തി അതാണ് പറഞ്ഞത് എങ്ങനെയാണോ സർവ്വാനുഭവങ്ങളും ശരീര സംബന്ധിയായുള്ള അനുഭവങ്ങൾ മനസ്സംബന്ധിയായുള്ള അനുഭവങ്ങൾ ഈ ജഡന്യ യോഗം കൊണ്ട് താതാത്മ്യം കൊണ്ട് സംഭവിക്കുന്നത് അതില്ലെങ്കിൽ അത് അവസാനിക്കുന്നത് അതുപോലെയാണോ ആ തതാന് ഇല്ലെങ്കിൽ ഇല്ല ആ തതാന്യ നാശത്തിൽ പിന്നാവിന്റെ അനുഭവം എന്താണ് ജീർണോഹം ജാദോഹം ആയുഷ്മാൻ എന്നല്ല ശ്രദ്ധോഹം മുക്തോഹം ബുദ്ധോഹം എന്നാണ് പിന്നാവിന്റെ മാറ്റ ആ അനുഭവത്തിന് എന്തുകൊണ്ട് മാറ്റം വന്നുകൂടാ അതാണ് പറയുന്നത് ശ്രുതി പ്രബലമായ പ്രമാണമാണ് അതിനെ ബാധിക്കുന്നതിന് വേറൊരു ഒന്നിനു സാധ്യമല്ല ഞാൻ അറിഞ്ഞു എന്താണ് ഞാൻ സുദ്ധനും ബുദ്ധനും മുക്തനുമാണെന്നൊക്കെ അറിഞ്ഞു പക്ഷെ ഇപ്പൊ ഞാൻ അറിയുന്നത് സുഖിയും ദുഃഖിയും എന്നൊക്കെയാണ് അപ്പം മരമൊന്നല്ലോ ബാധ ഒന്നല്ല ബാധിക്കുന്നില്ല സുഖദുഃഖാദി അനുഭവങ്ങൾക്ക് ശ്രുതിയെ നിഷേധിക്കാൻ സാധിക്കില്ല ശ്രുതി എന്താണ് പറയുന്നത് സാധാരണ അനുഭവം സാധാരണ അനുഭവം ഞാൻ സുഖിയാണ് ഇതാണ് സാധാരണ അനുഭവം ശ്രുതി എന്താണ് പറയുന്നത് ഈ അനുഭവം പരമാർത്ഥമല്ല ഇങ്ങനെ ഒരു ഉണ്ടെങ്കിലും അത് പ്രതീതിയാണ് എന്നാണ് ശ്രുതി ബോധിപ്പിക്കുന്നത് ശരി ഇതിനെ മറിച്ച് ബോധിപ്പിക്കാൻ വേറെന്താ പ്രമാണോ വേറെ ഏത് ബോധിപ്പിക്കും മറിച്ച് അല്ല ഇത് പരമാർത്ഥമാണ് എന്ന് പറഞ്ഞു തരാൻ ഇവിടെ മറ്റൊന്നുമില്ല അന്ന് പറയുന്നത് ശ്രുതിയെ ബാധിക്കത്തില്ല വീണ്ടും അനുഭവം ഉണ്ടല്ലോ പറയും വീണ്ടും സുഹൃത്തുക്കാദികളുടെ അനുഭവം ഉണ്ടല്ലോ ആ അനുഭവത്തെ നിഷേധിക്കുക അല്ല ശ്രുതി ചെയ്യുന്നു ശ്രുതി ബോധിപ്പിക്കുന്ന എന്താണ് ആ അനുഭവം പരമാർത്ഥമല്ലെന്നാണ് ഇതിനെല്ലാം അസുഖ ദുഃഖാദികളെ ഞാൻ പരമാർത്ഥമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നില്ലെന്നാണ് നമ്മളെ തർക്കിക്കുന്നത് പരമാർത്ഥമായ അനുഭവമാണ് അത് പരമാർത്ഥമാണോന്നുള്ള കാര്യം ഇനി ചർച്ച ചെയ്യും അതിന്റെ വ്യത്യാസം വിശേഷിച്ച് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ പറയുന്നത് ഞാൻ ഇത് അനുഭവിക്കുന്നു സുഹൃത്തുക്കാരികൾ എന്താണ് അഭ്യപിചാരിതാണ് അനുഭവം ഓരോ ജീവനും പറയുന്നതാണ് ശ്രുതി എന്താ പറയുന്നത് ഇത് പരമാർത്ഥമല്ല അനുഭവത്തെ നിഷേധിക്കുന്നില്ല ഇനി അതിനെ നിഷേധിക്കാൻ വേറെന്ത അറിവാണ് ഉള്ളത് കയറി വന്നാൽ വീണ്ടും അനുഭവം തുടരുമാത്രമേ ഉള്ളു വീണ്ടും ഞാൻ സുഖിയെന്നും ദുഃഖിയെന്നുള്ള അനുഭവം ഉണ്ടാവും പക്ഷെ ശ്രുതി എന്താണോ ബോധിപ്പിച്ചത് അതിനെ നിഷേധിക്കാൻ മറ്റൊന്നിനും ശേഷി അതാണ് ശ്രുതിയെ ചരമപ്രമാണം എന്ന് പറയുന്നത് കത്തുമസി എന്നത് ബോധിപ്പിച്ചു വിജ്ഞാനം ആനന്ദം എന്നെല്ലാം ബോധിപ്പിച്ചു അത് പരമാർത്ഥമാണെന്ന് ബോധിപ്പിച്ചു അതാണ് പരമാർത്ഥ സ്വരൂപം എന്ന് വിചാരിച്ചു ഇനി ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല എന്നൊക്കെ സാധാരണ പറയുന്നത് അല്ലെങ്കിൽ അത് ബോധിപ്പിക്കുന്നു സർവത്താണ് സർവീതം ബ്രഹ്മ ഇത് അല്ല എന്ന് പറഞ്ഞു തരാൻ കൂടെ വേറെന്താ ഉള്ളത് വേറെ ഒന്നുമില്ല ഈ ശ്രുതിയുടെ ബോധനത്തെ നിഷേധിക്കാം പിന്നെ ഉള്ള ഒരേ ഒരു കാര്യം ഒരു പരാതിയാണ് എന്താണ് ഇത് ബോധിച്ചിട്ടും വീണ്ടും എൻ്റെ അനുഭവം ബദ്ധനാണെന്നും സംസാരിയാണെന്നും ഒക്കെയാണ് ഈ അനുഭവത്തിന് എന്താണ് ശ്രുതി ബോധിപ്പിച്ച ബോധത്തെ നിഷേധിക്കാൻ ശേഷിയില്ലെന്നാ പറയുന്നു എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചാ ശ്രുതി പറഞ്ഞിരുന്നത് പരമാർത്ഥമല്ലോ പിന്നെ ഈ അനുഭവം ഇങ്ങനെ ശ്രുതി ബോധിപ്പിച്ചാലും നിഷേധിച്ചു ഒരിക്കലും ശ്രുതി എന്താണോ ബോധിപ്പിച്ചത് അതിനെ അനുഭവം നിഷേധിക്കുന്നില്ല അനുഭവത്തിന് തുടരാം എത്ര കാലം വേണമെങ്കിലും തുടരാം പക്ഷെ അനുഭവത്തിന് ശ്രുതിയെ ബാധിക്കാൻ കഴിയത്തില്ല പക്ഷെ ശ്രുതി എന്ത് ചെയ്തു ഇതിനെ ബാധിച്ചു ശ്രുതി എങ്ങനെ ബാധിച്ചു ശ്രുതി സത്യത്തെ ബോധിപ്പിച്ചു പരമാർത്വ വസ്തുവാണ് ഇതെല്ലാം നിന്നിൽ കൽപ്പിതമാണ് ഇതെല്ലാം കേവലം പ്രതീതി മാത്രമാണ് ഇങ്ങനെ ശ്രുതി ബോധിപ്പിച്ചു കഴിഞ്ഞു അതിന്റെ ജോലി കഴിഞ്ഞു അത് വേറെ സ്ഥലത്ത് പറയുക എന്താണോ ശ്രുതി തത്വത്തെ ബോധിപ്പിച്ചിട്ട് വിശ്രമിക്കുന്നു വിശ്രമിക്കുന്നതിന് പിന്നീട് രണ്ടാമത് ചെയ്യാൻ ഇല്ല വിശ്രമിക്കില്ല ജോലി ഇല്ലാതെ വരുമ്പോഴല്ലേ വിശ്രമിക്കുന്നു വീണ്ടും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട രണ്ടാമെന്നതിനും ബോധിപ്പിക്കാനില്ല പരമാർത്ഥത്തെ അത് ബോധിപ്പിച്ചു അവിടെ പറയുന്നു വേദം അവിടെ അവേദമായി തീരുന്നു വേദത്തിന് പിന്നീട് ബോധിപ്പിക്കാനുള്ളു അത് ഇനി പരാതിപ്പെടുന്നത് എന്തിനാ പരാതിപ്പെടുന്നത് ഇത് ബോധിച്ചില്ലെന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പരാതിപ്പെടുന്നത് ഈ അനുഭവങ്ങൾ തുടരുന്നു ഈ അനുഭവങ്ങൾ തുടരുന്നില്ല എന്ന് ശ്രുതി പറഞ്ഞിട്ടില്ലല്ലോ ശ്രുതി പറയുന്നില്ല ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് എന്റെയൊക്കെ താല്പര്യമതാ സ്ഥിതി കേവലം ബോധിപ്പിക്കുന്നേ ഉള്ളൂ ഒന്നും വേറൊന്നും ചെയ്യുന്നില്ല അതിന് ഉപായാന്തരങ്ങൾ ദുഃഖത്രയാത ദുഃഖം കൊണ്ട് അവൻ പീഡിതനാകുന്നു ഓരോ ദുഃഖത്തെയും മാറ്റുന്നുണ്ടെങ്കിൽ വേറെ ഉപായങ്ങൾ നോക്കണം രോഗം വന്നാൽ ചികിത്സിക്കണം ശത്രുബാധയുണ്ടായാൽ അതിന്റെ ഉപായാന്തരങ്ങൾ അവിടെ നോക്കണം പ്രേതബാധ വന്നാൽ അതിന് വേറെ ഉപായം നോക്കണം ഇങ്ങനെ പറയും പ്രകൃതിയാണ് ബാധിക്കുന്നതെങ്കിൽ അതിന് ഉപായം നോക്കണം അപ്പൊ പ്രപഞ്ചബാധ അതിന് ഉപായങ്ങളുടെ പരിഹാരം നേടിപ്പോ അതിന് നിസ്തി കൈകിടക്കുന്നുണ്ട് രോഗമെന്നാൽ ചികിത്സിച്ചേ ബ്രഹ്മജ്ഞാനം മരുന്നൊന്നും അതുകൊണ്ട് രോഗം മാറത്തുള്ളൂ അപ്പൊ അതല്ല ശ്രുതിയുടെ ജോലി ഈ പ്രതീതി ഇല്ലാതെ ആൾക്കാർ എന്നുള്ള രജ്ജി സർപ്പം എന്ന് പറഞ്ഞത് അതിന് ചെറിയ ജോലി അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ അമ്പലപ്രസംഗത്ത് കേട്ടു ഇത് രജ്ജു സർപ്പം പോലെയാണ് പിന്നെ സർപ്പം കാണത്തില്ല പിന്നെ രജ്ജു മാത്രം കയറാണെന്ന് പറഞ്ഞാൽ പിന്നെ സർപ്പം അതുപോലെ ഇതെല്ലാം ഒന്ന് മാഞ്ഞു പോകാത്തത് അത് പറയുന്നത് ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം അത് മാത്രമാണ് അവിടെ ബോധിക്കേണ്ടത് പ്രസൃതി അത്രയും ബോധിപ്പിക്കുന്നുണ്ട് പ്രതീതി നിഷേധിക്കില്ല അതുകൊണ്ട് ആരുടെ അനുഭവത്തിനും ഒരാൾക്ക് ഒരു തവണ ഇത് ബോധ്യപ്പെട്ട ഒരാൾ എപ്പോഴെങ്ങനെ ശ്രുതിയെ ശ്രവിച്ചു കഴിഞ്ഞാൽ അതാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യമായ സിദ്ധാന്തം ആ അനുഭവത്തിന് ഒരിക്കലും ബാധ ഉണ്ടാകുന്നില്ല ഇതിനെ മറിച്ച് ബോധിപ്പിക്കാൻ എന്താണിത് ആത്മാവ് അപരമാർത്ഥമാണ് ഇന്ന് ബോധിപ്പിക്കാൻ വേറെ ഇവിടെ ഇതുവരെ സഹജമായി ബോധിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ ശരീരമാണ് ഞാൻ ചെയ്യേണ്ടത് ദുഃഖിയാണ് ലൗകികം തദ്ദേവേദം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ബ്രഹ്മസൂത്രത്തിൽ അവസാനം ചാച്ചയാണ് അതുകൊണ്ട് ജരാതിരഹിതം ജീർണോഹം ജാദോഹം ആയുഷ്മാൻ ഗൗരഹ ഈ അനുഭവങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും ഈ അനുഭവങ്ങൾക്കൊന്നും ശ്രുതി ബോധിപ്പിച്ചതിനെ ബാധിക്കാൻ കഴിയില്ല ആരെങ്കിലും പറയാറുണ്ടോ ശ്രുതിൽ നിന്നും അത് മനസ്സിലാക്കിയതിനു ശേഷം അതങ്ങനെയല്ല എന്ന് ശ്രുതി അങ്ങനെയല്ല ബോധിപ്പിച്ചതെന്ന് പറയാൻ പറ്റും അങ്ങനെ വേണം അങ്ങനെ ആർക്കെങ്കിലും പറയാൻ കഴിയും നിത്യശുദ്ധ മുക്തോഹം എന്നല്ല ശ്രുതി ബോധിപ്പിച്ചതെന്നാർക്കോ പറയാൻ കഴിയും ശ്രുതി അത് ബോധിപ്പിച്ച സ്ത്രീക്ക് മറിച്ചാർക്കും പറയാൻ കഴിയില്ല അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല മറിച്ച് വേറൊരു അനുഭവം ഉണ്ടാവും എന്താണോ ഈ പറഞ്ഞ രീതി ജീർണോഹം ജാദോഹം ആയുഷ്മാൻ ഇതുണ്ടാവും പക്ഷെ ശ്രുതി അതല്ല ബോധിപ്പിച്ചതെന്ന് പറയാനും കഴിയത്തില്ല രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓരോങ്ങനെ പറയാൻ കഴിയും ശ്രുതി അങ്ങനെ ബോധിപ്പിച്ചില്ല ശ്രീ തത്വമസിന്ന് ബോധിപ്പിച്ചില്ല അഹം ബ്രഹ്മാസമി ബോധിപ്പിച്ചില്ല വിജ്ഞാനമാനന്ദം പ്രജ്ഞാനം എന്നൊന്നും ബോധിപ്പിച്ചില്ല എന്ന് പറയാൻ പറ്റൂ ശ്രുതി എന്നത് തന്നെയാണ് മനസ്സിലാക്കിയത് അങ്ങനെ ബാധിക്കാന്ന് പറഞ്ഞ എങ്ങനെയാണ് നമ്മള് ശ്രുതി എങ്ങനെ ബോധിപ്പിച്ചില്ല എന്ന് ധരിക്കുന്നു അത് കഴിയില്ല ശ്രുതി അത് തന്നെയാണ് ബോധിപ്പിച്ചത് എന്നാൽ ഈ അനുഭവങ്ങൾ തുടരുന്നത് അത് കാരണം ഇതിന് ശ്രുതിയുടെ ഉപദേശത്തെ ഇതിനും ബാധിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തുടരുന്നതിന് എന്താ ദോഷം തുടരുന്നതിന് ദോഷ ഇതിങ്ങനെ തുടരുന്നു വന്നു കഴിഞ്ഞാൽ ഈ അനുഭവങ്ങൾ ഇങ്ങനെ തുടരും എന്ന് വന്നു കഴിഞ്ഞാൽ സർവഭൗപ്പ് ഏത് സത്യമിരിച്ച് രണ്ടായി ഒന്ന് ശ്രുതി ബോധിപ്പിച്ചു നീ നിത്യശുദ്ധ ബുദ്ധ മുക്തനാണ് ശരി സംബന്ധിച്ചു അങ്ങനെ അല്ല ഒന്ന് ശ്രുതി പറയുന്നില്ല ഞാനത് അംഗീകരിച്ചു പരമാർത്ഥത്തെ ശ്രുതി ബോധിപ്പിച്ചു പക്ഷെ ഇത് തുടരുമെന്നും പറയുന്നുണ്ടല്ലോ ഇത് സത്യമാകണമല്ലോ ശ്രുതി ബോധിപ്പിച്ചത് സത്യം തന്നെ സത്യം ഈ നിരന്തരാനുഭവം സത്യമാണ് ഇത് വരുന്നസ്തി അനുഭവത്തെന്തിനും നിഷേധിക്കണം ഇത് പകലാണ് ഇത് പകലല്ലെന്ന് പറഞ്ഞിട്ട് വിജയിച്ച് വല്ല ലാഭം ഉണ്ടാകണം ഇത് രാത്രി എന്ന് പറഞ്ഞാൽ വല്ല നേട്ടം ഉണ്ടാകണം പിന്നല്ലോ മാനം പറയുന്നു തന്നെ നീ പറയുന്നത് ശരിയല്ല ഈ അനുഭവം തുടരുന്നുണ്ട് അസ്ഥിയേവാ ഏതദേവം ദുരതമം പക്ഷെ ഒന്ന് മനസ്സിലാകുന്നു എന്താണോ ഇതെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോ നീ സത്യത്തെ ധരിച്ചു ഒന്നും ധരിക്കരുത് ശ്രുതി അതിനെ കാരണം അനുഭവത്തെ നിഷേധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കില്ല ആ സത്യത്തെ കുറിച്ചായാലും ശരി അസത്യത്തെക്കുറിച്ചായാലും ശരി രജ്ജു സർപ്പ അനുഭവം അങ്ങനെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ലെന്നല്ല ശ്രുതി പറയുന്നു രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ശ്രുതി പറയുന്നത് നീ നിനക്കൊരു ഭ്രമം ഉണ്ടായില്ല നീ രജ്ജുവിനെ സർപ്പമായി ഭ്രമിച്ചിട്ടില്ല എന്നല്ല പറയുന്നു എന്തനുഭവമാണോ നിനക്കുണ്ടായത് ആ അനുഭവം പരമാർത്ഥമല്ല എന്തുകൊണ്ട് നിനക്കിപ്പോൾ ശരിയായ ബോധമുണ്ടായി സത്യത്തിൽ അസത്യത്തിന് നിലനിൽപ്പില്ല സത്യാനുഭവത്തിൽ അസത്യാനുഭവത്തിന് നിലനിൽപ്പില്ല ഏകദൈവം ത്യരവഗമം ഇത് മനസ്സിലാക്കുന്നതിനൊരു ദേശം വൈഷമ്യമുണ്ട് വ്യാഖ്യാനത്തിൽ പറയും എന്താണോ അധികാരണ പ്രമിതിജനക വേദ വിധിന്യായ ന്യായാ ത്വാദൃശാനം അനധികാരണം ദുർജ്ഞാനം ആത്മതത്വം ശ്രുതി പറയുന്നു ഗുരു പറയുന്നു ഉപദേശിക്കുന്നു കരുവശരിയെന്ന് പക്ഷെ അധികാരണ പ്രകൃതിജനകോ വേദ ഇത്രേ നമ്മൾ പറയുന്നുള്ളൂ അധികാരികൾക്ക് ഈ പറയുന്ന തത്വത്തെ ഗ്രഹിക്കുന്നതിന് യോഗ്യതയുള്ളവന് ബോധമുണ്ടാക്കുന്നു അതാണ് ശ്രദ്ധിച്ചത് അനധികാരണം ദുർജ്ഞാനം നിന്നെ പോലെയുള്ള മന്ദബുദ്ധിയൊക്കെ ധരിക്കുന്നില്ലെന്ന് പറഞ്ഞ് സ്വതിയുടെ കുഴപ്പമുണ്ട് ദുർജ്ഞാനം അർണതത്വം അതും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അതാണ് ഭാഷകാലം പറയുന്നത് ദുരവഗമം എന്നാണ് രണ്ടും അംഗീകരിക്കുന്നു ഇത് സരളം എന്നും പറയും പ്രയാസമുള്ളതാണെന്നും പറയും അധികാരി കർമ്മം അധികാരികൾ സരളമാണ് സോദൃശാനം അനധികാരിയാണെങ്കിൽ ഇത് ദുരവഗമമാണ് അപ്പൊ നിങ്ങൾ ഈ സത്യത്തിൽ പിടിച്ചു തൂങ്ങിയിരിക്കേണ്ടതാ ഞാൻ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് എന്തെല്ലാം അശുദ്ധി പറഞ്ഞിട്ട് എന്റെ ഇതാണ് ഇതാണ് പരമാർത്ഥം ഇത് എന്തിനാ എന്തിനാണോ നിങ്ങൾ തൂങ്ങി പിടിക്കുന്നത് സത്യത്തിലാണ് എന്താ സത്യം അത്ര കാര്യമാണോ നിന്നെപ്പോലെ ഒരുവനും വഴങ്ങി തരുന്നതെന്ന് അത്ര തുച്ഛമായ കാര്യമാണോ സത്യം എല്ലാവരും അവകാശപ്പെടുന്നതാണല്ലോ ഈ ലോകസത്യമാണ് പ്രപഞ്ചസത്യമാണ് ഞാൻ സത്യത്തെ അറിയുന്നു സത്യത്തെ ഞാൻ സ്വീകരിക്കത്തുള്ളൂ അനുഭവമാണ് സത്യം ഞാൻ എന്റെ അനുഭവത്തെ സ്വീകരിക്കുന്നു ഇതൊക്കെയാണല്ലോ നമ്മൾ അവകാശപ്പെടുന്നു എന്താ സത്യം ലഘുവായ കാര്യമാണോ എന്നാ ചോദിക്കുന്നത് സത്യം എന്ന് പറയുകയും അതിനെ ലഘുവായി കാണുകയും ചെയ്യും കാരണം ഇതൊക്കെ നിങ്ങൾ സത്യമാണെന്ന് പറയണമെങ്കിൽ സത്യാസത്യങ്ങൾ ആപേക്ഷിക്കുമാണ് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നതെല്ലാം അപേക്ഷിക്കുമാണ് ഇത് നിങ്ങൾ സത്യം എന്ന് പറയണമെങ്കിൽ പിന്നെ അസത്യം എന്താണെന്ന് നിങ്ങൾക്ക് അതെന്ന് പറയട്ടെ അസത്യം ഒന്നു വേണോണ്ടോ ഏതാ അസത്യം ഇതെല്ലാം സത്യമായി അത്രയും ലാഘവുമായിട്ട് സത്യത്തെ നിങ്ങൾ ഗ്രഹിച്ചു എന്ന് പറയുന്നു അസത്യം അസത്യമേ ഇല്ലല്ലോ അസത്യമാണ് അനായാസമായിരിക്കുന്നു ഗ്രഹിക്കാൻ സത്യം ദുരപകമാണ് ദുരപഗമം എന്നിട്ട് ഗ്രഹിക്കാൻ പ്രയാസം പോകുന്നതാണ് ആരെ സംബന്ധിച്ച് അനധികാരിയെ സംബന്ധിച്ച് അതുകൊണ്ട് സർവമേത സത്യം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നു നിന്നെ സംബന്ധിച്ചതൊക്കെ സത്യം തന്നെയാണ് ആ പറഞ്ഞത് താല്പര്യം പക്ഷെ ഒന്ന് മനസ്സിലാക്കണം സത്യം ഗ്രഹിക്കാൻ പ്രയാസമുള്ളതാണ് ഒരു പ്രയാസവും കൂടാതെ ഗ്രഹിച്ചിട്ടതിന് സത്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിലും ഒരു ചെറിയ കുന്നി കയറിയിട്ട് ഹിമാലയത്തിൽ കയറിയെന്ന് പറയുമ്പം പോലെയാണ് ഒരാൾക്ക് വേണമെങ്കിൽ അവകാശപ്പെടാൻ ഞാൻ ഹിമാലയത്തിൽ കയറിയെന്ന് പക്ഷെ അതെന്താണ് വളരെ ക്ലേശകരമായ കാര്യമാണ് സത്യം ദുരവഗാഹമാണ് പക്ഷെ അനായാസമായി അനായാസമായി ഗ്രഹിക്കുന്നത് സഹജമായി ഗ്രഹിച്ച് ജനിച്ചടം പോലെ ഉണർന്നടം പോലെ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കാദികൾ ജരാതിരഹിത ജീർണോഹം ജാതുഹം ആയുഷ്മാൻ ഗൗരഹ കൃഷ്ണ മൃതഹ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പറയുന്നു ഞാൻ സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്നു അതല്ലാതെ ദുരപഗമമാണ് അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നു ഗൗതമനോടും പ്രണാദനോടും ഒക്കെയാണ് സംസാരിച്ചത് ഇപ്പൊ പറയുന്നത് മന്ദബുദ്ധിയോടാണ് അങ്ങനെയൊന്നും അല്ലാത്തവനോട് പറയുകയാണ് അവനാണല്ലോ പറയുന്നത് അതാ ഞാൻ സത്യത്തെ അറിഞ്ഞിരിക്കുന്നു ഈ ഞാൻ അറിയുന്നതാണ് സത്യം എന്ന് പറയുന്നത് മന്ദബുദ്ധിയാണ് അവനോട് പറയാണ് നീ പറയുന്നത് ശരിയല്ല എന്തുകൊണ്ട് ദേവരാജോക്ക് ബുദ്ധശരവാദി ദർശിത അവിനാശ്തിരവിമോഹ അത്ര വിനാശമേവഅ പറയുന്നുണ്ടോ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഈ നാട്ടില് നിന്നെ കാണാൻ യോഗ്യന്മാരും ഉണ്ട് അത് മനസ്സിലാക്കണം ആരാ യോഗ്യൻ അതാണ് ദേവരാജനായ ഇന്ദ്രൻ അയാൾ വളരെ കേമനായിരുന്നിട്ടുകൂടിയും പ്രജാപതിയെ പോലെ ഉത്തമനായ ഒരു ഗുരു ഉപദേശിച്ചിട്ടും എങ്ങനെ ഉപദേശിച്ചു ഉദശരാവാദി ദർശിത അവിനാശ യുക്തിരവി ഉദശരാവാദി ദൃഷ്ടാന്തത്തിലൂടെ നിത്യമായ ആത്മാവിനെ ബോധിപ്പിച്ചിട്ട് യുക്തികളിലൂടെ ബോധിപ്പിച്ചു അതിനാണ് പറഞ്ഞത് അതിന്റെയൊക്കെ താല്പര്യം അതായിരുന്നു നീ വെള്ളം വെച്ചിട്ട് അതിന് നോക്കുക വേഷം കിട്ടിയിട്ട് വീണ്ടും നോക്കുക അതിലൂടെ എല്ലാം പ്രജാപതി ഉദ്ദേശം എന്താണോ ഛായാത്മാവെന്ന് പറഞ്ഞപ്പോ നിന്റെ മനസ്സിൽ എന്താണോ തോന്നിയത് ആ പ്രതിബിംബ ബുദ്ധി അത് മാറിയിട്ട് ആ പ്രതിബിംബത്തിന്റെ ബിംബമായിരിക്കുന്നതാണ് ആത്മാവ് എന്ന് ഗ്രഹിക്കണമെന്നാണ് പ്രജാപതി ഉദ്ദേശം പക്ഷെ ധരിച്ച എന്ത് പ്രതിബിംബം എന്നിട്ട് പറഞ്ഞു എന്താണ് വിനാശമേ വീതു ഭോധിയെ ഞാൻ ധരിച്ച ആത്മാവ് നശിക്കുന്നതാണല്ലോ ഭയങ്കര ഭയങ്കര നഹമത്ര ഭ്യാമി എന്നൊക്കെ അല്ലേ പറഞ്ഞത് അപ്പൊ പ്രജാപതിയെ പോലെ ശ്രുതി തന്നെ അനുഭവത്തെ തന്നെ പകർന്നു കൊടുത്തിട്ടും ഇന്ധനെ പോലെ മോശക്കാരനല്ലോ ഒരാൾക്കു കൂടി മോഹത്തെയാണ് പ്രാപിക്കേണ്ടി വന്നത് വ്യക്തിയെല്ലാം ബോധിപ്പിച്ചിട്ടും അവിടെയാണോ ഈ നീ ചാർവാകൻ നീ കാണുന്നത് മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് മാത്രമാണ് സത്യം എന്ന് കരുതുന്ന പറയുന്നത് ഞാൻ സത്യത്തെ കണ്ടുപിടിച്ചിരിക്കുന്നു സത്യത്തെ യുക്തിയിലൂടെ യോഗ്യനായ ഒരുവന് ബോധിപ്പിച്ചിട്ട് പോലും അവന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല അതെ ദുരവകമോ ആ സത്യത്തെയാണ് നീ പറയുന്നത് ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു സാധാരണ ഗുരുവൻ സത്യമെന്ന് പറഞ്ഞ് ഗ്രഹിക്കുന്നത് സത്യമല്ല അത് അസത്യമാണ് അസത്യം അനായാസമായി ധരിക്കുക എന്തുകൊണ്ടത് സഹജമാണ് സഹജമായത് അനായാസമായിരിക്കും അങ്ങനെ ഗുരുവിന്റെ ആവശ്യമില്ല ശാസ്ത്രത്തിന്റെ സഹായമില്ല ഉപദേശത്തിന്റെ ആവശ്യമില്ല അങ്ങനെ വരുന്നതല്ല അസത്യമാണ് ശ്രുതി അതാണ് എന്താണ് അങ്ങനെ ശാസ്ത്രം കൂടാതെ ഉപദേശം കൂടാതെ ഗുരുവിന്റെ സഹായം കൂടാതെ നീ എന്താണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സത്യമല്ല അസത്യം ഇതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത് സത്യാസത്യങ്ങൾ അങ്ങനെ വേറെ തിരിച്ചറിയണം അത് ഇന്ദ്രന് പോലും കഴിഞ്ഞില്ല പിന്നെയാണോ നീ പറയുന്നത് ഞാൻ സത്യത്തെ കണ്ടെത്തിയിരിക്കുന്നു നമ്മ ഇവിടെ അനധികാരിയായ ഒരുവൻ്റെ സ്വ അനുഭവമായിരിക്കുന്ന ആ സത്യത്തെ ഇവിടെ നിഷേധിക്കും ആ സത്യം ോ മഹാപ്രാജ്ഞ പ്രാജാപത്യോ ദേഹമാത്ര ആത്മദർശനോ ബോല വിരോധന വിരോധനെ കുറിച്ച് പറയുന്നത് എന്താണ് മഹാപ്രാജ്ഞനെന്നാണ് മഹാബുദ്ധിമാ ദേവേന്ദ്രനെക്കാളും ബുദ്ധിയുള്ളതിനാണ് വിരോധനം ദേവന്മാരുടെ രാജാവിനേക്കാളും ബുദ്ധിയുള്ളവനാണ് അസുരന്മാരുടെ രാജാവ് കാരണം ഈ അസുരന്മാരുടെ രാജാവ് ചെറിയ ബുദ്ധിയൊന്നും പോലെ അസുരന്മാരാരും രാജാവായിട്ട് അംഗീകരിക്കത്തില്ലോ അസുര ബുദ്ധി വെല്ലുന്ന ബുദ്ധിയുണ്ടെങ്കിൽ അസുരന്മാരുടെ രാജാവാകാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞു മഹാപ്രാജ്ഞാ അസുര രാജാവ് എന്ന് പറഞ്ഞാൽ മോശത്താകുന്ന അർത്ഥത്തിൽ മണ്യമാരുടെ രാജാവാകുന്നത് എളുപ്പമാണ് വലിയ ബുദ്ധിയൊന്നും ഇല്ല മറ്റേ എന്തെല്ലാം അഭ്യാസം കാണിച്ചാൽ അവിടെ ഇരിക്കാൻ പറ്റും തഥാവിരോചനു മഹാപ്രാജ്ഞ പ്രാജാപത്യോപി ഇതൊക്കെ പ്രജാപതിയുടെ സന്തതികളാണ് അതുകൊണ്ട് തന്നെ വിത്ത് ഗുണം പത്ത് ഗുണം കുറച്ച് ബുദ്ധി അതുകൊണ്ട് തന്നെ കിട്ടും പിന്നെ നിരോധനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു കുച്ഛം വരുവോ അസരണോ അവനെന്താ ബുദ്ധി എന്നൊക്കെ തോന്നുന്നു അത് വരാതിരിക്കാനാണ് ഭക്ഷ്യകാലം പറയുന്നത് അങ്ങനെയല്ല ബുദ്ധിമാനാണ് പക്ഷെ പ്രജാപതിയിൽ നിന്ന് അവിദ്യ കിട്ടിയിട്ടും ദേഹമാത്രം ആത്മദർശനം പോവുക കേവലം ഈ അനധികാരിയുടെ ആത്മബോധമാണ് ഉണ്ടായത് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ സത്യം നിന്റെ അവസ്ഥയാണ് വന്നതെന്ന് പറയുകയാണ് അങ്ങനെ സർവം ഏത് സത്യം വിജയം അതിന് സമാനം പറയുകയാണ് അതെല്ലാം സത്യമെന്നാണ് എന്റെ അനുഭവം പറയുന്നു ഈ സത്യമാണ് സത്യം അത്ര എളുപ്പമല്ല ഈ അനുഭവിച്ചോണ്ടിരിക്കുന്നതാണ് നമുക്ക് പറയാൻ കഴിയില്ല കാരണം സത്യം എളുപ്പമല്ല ആ ഇതൊക്കെ അനുഭവിക്കുന്നു എന്ന് പറയാം അതിനെ നിഷേധിക്കുന്നു പക്ഷെ സത്യമാണോ അല്ലേ സത്യമാണെന്ന് പറഞ്ഞാൽ സത്യത്തെ നിങ്ങൾ അത്രയും ലാഘവമാക്കി വരും അങ്ങനെ ലാഘവമാക്കി ഗ്രയിക്കാവുന്നതിനെ സത്യം ഒന്നും വിളിക്കാൻ പറ്റത്തില്ല അതാ സത്യം സത്യം ഗൗരവുള്ളതാണ് അതുകൊണ്ടാണല്ലോ ഈ മനസ്സും ബുദ്ധിയും സാമർഥ്യവും അഹന്തയും എല്ലാം ഈ ജീവന് കൊടുത്തിട്ടും അതിനെ ബോധിപ്പിക്കാൻ ശ്രുതിയെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു അത് ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ് വിരോചനൻ പോലും പ്രജാപതിയിൽ നിന്ന് ഉപദേശം കിട്ടിയിട്ടും നിന്നെ പോലെയുള്ള സത്യത്തെ ആഗ്രഹിച്ച നീഗ്രഹിച്ചതുപോലെ ദേഹാത്മബുദ്ധിയായി ആത്മവിനാശയസാഗര ഇവ വൈനാശിക വൈനാശികന്മാര് ശൂന്യവാദികളല്ലാ ശൂന്യം എന്ന് പറയുന്നത് സത്യമില്ല അസത്യമില്ല എല്ലാ ശൂന്യം എന്താ ശൂന്യം ഇപ്പ അജ്ഞാനം എന്നു പറയാൻ പറ്റും വേറെ ഒന്നും ശൂന്യത്തിന് പറയുന്നു സത്യമില്ല അസത്യം അല്ലെങ്കിൽ എന്നെ പറയാൻ പറ്റും ഏതുപോലെ ഇന്ദ്രനും ആത്മവിനാശ ഭയം ഉണ്ടായല്ലോ ഭയം ത ദർശ ഇന്ദ്രൻ എന്താണോ ആത്മാവിനെ കുറിച്ച് ഗ്രഹിച്ചത് ആ അറിവിൽ സ്വയം ഭയം ദർശിച്ചു ഓ ഇത് ആത്മാവാകാൻ വഴിയില്ല ഇതേ അവസ്ഥയിലാണ് ഈ എന്ന് പറയുന്നത് പക്ഷെ അവരതിനെ വളരെ ക്ഷേമമായിട്ടാണ് പറയുന്നത് ശൂന്യെന്ന് പറഞ്ഞാൽ എന്തോ പ്രേമത്തരോണോ അതും അതല്ല ഇനി കാരണം മന്ത് ബുദ്ധിപ്പെട്ടിട്ട് വിദ്വാൻമാരെ കാര്യം പറയുകയാണ് തഥാസംഖ്യ ദൃഷ്ടാരം ദേഹാദിവ്യതിരിക്തം അവഗമ്യവേ താഗമപ്രാമാണ്യ ൃത്യുവിഷയോ അന്യത്വ ദർശന കുറിച്ച് ചിന്തിച്ചപ്പെട്ട കാര്യം പറയാം നീ പറയുന്നു ഞാൻ ഇതിനെല്ലാം സത്യമായി ഗ്രഹിച്ചിരിക്കുന്നു ഒന്നും പറയാം എന്നാൽ ഇതിനെല്ലാം ഗ്രഹിച്ച മഹാപ്രാജ്ഞന്മാരുണ്ടല്ലോ അവര് പോലും സത്യത്തെ ഗ്രഹിച്ചിട്ടില്ല ഉദാഹരണം കപിലന്റെ അനുയായികളെ തന്നെ എടുക്കാം സാങ്കിന്മാർ കപില അനുയായി കപലൻ ഇന്നതാണ് ബോധിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു സാധനം അത് കപിലിന്റെ അനുയായികളെന്ന് പറയാൻ കാരണം തത്വജ്ഞാനിയായ കപിലിനെ കുറിച്ചും പറയുന്നുണ്ട് അങ്ങനെയൊരു കപിലൻ ഉണ്ടെങ്കിൽ ആ കപിലൻ അല്ല തത്വജ്ഞാനി അല്ലാത്ത കപിലമത അനുയായികൾ അവരെയാണ് സംഖ്യന്മാരെന്ന് ആത്മഭേദത്തെക്കുറിച്ച് പറയുന്ന സംഖ്യമുണ്ട് ആത്മ ഏകത്വത്തെക്കുറിച്ച് പറയുന്ന സംഖ്യമുണ്ട് അങ്ങനെ രണ്ടു തരത്തിലുള്ള സംഖ്യ സംഖ്യം മൊത്തം ഒരു തരത്തിലല്ല ആത്മേകത്വത്തെക്കുറിച്ച് പറയുന്ന സംഖ്യം അത് ഏതോ തത്വജ്ഞനായ കവലനുപദേശിച്ച സംഖ്യമാണ് ആത്മഭേദത്തെക്കുറിച്ച് പറയുന്ന സാങ്കേതികവാക്യനായ ഗുരുപദേശിച്ച സഖ്യം ഇവിടെ ഭാഷതാരം നിഷേധിക്കുന്ന മുഴുവൻ ഈ ആത്മഭേദത്തെ ഉപദേശിച്ച കപിലനെയാണ് വേദമാണ് ആ കപിലൻ എന്നൊക്കെയുള്ള ചർച്ച ബ്രഹ്മസൂത്രത്തിൽ വരുന്നുണ്ട് അപ്പൊ അതിന് അതിന്റെ താൽ സാരം താല്പര്യം ഇതാ ഒരു കപിനൻ ഉണ്ടായിരുന്നു ആത്മ ഭേദത്വ ഉപദേശിച്ച മറ്റൊരു കപിനനുണ്ട് ആത്മഭേദത്വ ഉപദേശിച്ചു ആ കപിനെ കുറിച്ച് പറയുന്നു സംഖ്യാധൃഷ്ടം ദേഹാതി വ്യതിരിതം അവഗമ്യാപി പക്ഷെ ആ സംഖ്യനും ദേഹവ്യതിരിക്തമായ ഒരു ആത്മാവിനെ മനസിലാക്കി ആ സംഖ്യനെയാണ് സംഖ്യസൂത്രങ്ങൾ അതുകഴിഞ്ഞ് സാഖ്യകാരിക പിന്നെ അതിൻ്റെ വ്യാഖ്യാനം ആ രൂപത്തിൽ പോകുന്ന സാഖ്യ ദർശനം അതിനെ ഭാഷകാരം നിഷേധിക്കുന്നു ഭാഗവതത്തിന് മറ്റും വരുന്നുണ്ടോ ഒരു കപിലൻ ദേവഭൂതിക്ക് ആത്മതത്വത്തിൽ ഉപദേശിച്ചു അവിടെ ആത്മാ ഏകത്വത്തെക്കുറിച്ച് പറയുന്നു ആ സാങ്കനല്ല നിഷേധിച്ചിട്ടുള്ളത് സംഖ്യാധിഷ്ഠാനം അവഗമ്യാതെ ദേഹാധി വ്യതിരിക്തമായ ആത്മതത്വത്തെ സംഖ്യനെ ഗ്രഹിച്ചെങ്കിലും അവിടെ പറയുന്നുണ്ട് ആത്മാവ് നിർഗുണമാണ് പ്രകൃതിയിൽ നിന്ന് വിലക്ഷണനാണ് ജ്ഞാനസ്വരൂപനാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പ്രമാണത്വ ശ്രുതിയുടെ താല്പര്യമാണ് മനസ്സിലാക്കിയില്ല ആഗമപ്രമാണത്തെ തന്നെ ഉപേക്ഷിച്ചു വ്യക്തിക്ക് കൂടുതൽ പ്രാധാന്യം ശ്രുതിയെ സ്വീകരിച്ചിട്ട് അതുകൊണ്ട് എന്ത് ചെയ്ത് മൃത്യുവിഷയെ വന്യത്വ ദർശന അന്യത്വ ദർശനത്തിൽ എത്തിച്ചേർന്നു ഗൗതമനും പ്രണാതനും മറ്റും എത്തിച്ചേരുന്ന അന്യത്വ ദർശനം അത് മൃത്യു വിഷയമാണ് ഭേദബുദ്ധി ഇവിടെ ഇന്ദ്രനുണ്ടാക്കിയുടെ ഭയത്തെ ഉണ്ടാക്കുന്നു ഏത് അഭയവും അമൃതം ബ്രഹ്മ എന്നവിടെ പറയാൻ കഴിയത്തില്ല അത് അഭേദബുദ്ധിയിലേക്ക് പറയാൻ കഴിയും പ്രജാപതി പറയുന്നുണ്ട് ഏത് അഭയം അമൃതം ബ്രഹ്മ അതുകൂടെ മൃത്യു എന്നെടുത്ത് പറയുന്നു അവിടെ അമൃതത്തെ കുറിച്ച് പറഞ്ഞ അതിന് വിപരീതമാണ് മൃത്യു ഭേദം മൃത്യു വിഷയമാണ് മൃത്യുവിനെ വെളിപ്പെടുത്തുന്നതാണ് മൃത്യുവിലേക്ക് നയിക്കുന്നതാണെന്നൊക്കെ താല്പര്യം അതാണ് അന്യത്വ ദർശനം അതിൽ തസ്തുഹു അതിൽ നിന്നുപോയി എന്നു വെച്ചാൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലെത്തിച്ചേർന്നു മുമ്പ് പറഞ്ഞത് എന്താണോ സാധാരണ ഒരുവനെ ഉദ്ദേശിച്ചു ചരവാഹനെ പോലെയുള്ള ഒരു സത്യത്തെ കണ്ടെത്തിയു ഇവിടെ അങ്ങനെയല്ല വിവേകികളെ കുറിച്ച് പറയും ഇനി തഥാനേ കാണാതാദി ദർശന കഷായ രക്തമിഭിർ വസ്ത്രം നവഭിർ ആത്മഗുണേ യുക്തം ആത്മദ്രവ്യം വിശോധയിതും പ്രവൃത്ത ഇനി ഗൗതമനും കണാതനും ഒക്കെ എവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് അതിനും വളരെ വിചിത്രമാണ് കാണാതാദി ദർശനാഹ കണാതന്റെ ദർശനം കാണാതെ ദർശനം അല്ലെങ്കിൽ കണാതന്റെ അനുയായികൾ പിന്തുടരുന്ന ദർശനം കാണാതെ ദർശനം ഋഷിമാരിൽ എങ്ങനെ എങ്ങനെയാ വ്യത്യാസം വരുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഗോതമൻ കണാൻ അവരെല്ലാം വലിയ യുഷിമാരില്ല അവരെന്താ ശ്രുതിയുടെ താല്പര്യത്തെ മനസ്സിലാക്കിയില്ല അതിന് പൊതുവെ ഭാഷകാരൻ പറഞ്ഞിട്ടുണ്ട് ഒരു സമാധാനം ബുദ്ധിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബ്രഹ്മസൂത്രത്തിന്റെ രണ്ടാം ക്യായിട്ട് പറയും പലപ്പോഴും പരാമർശിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഏതെങ്കിലും ഒരു ആചാര്യനെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ വലിയ മതിപ്പുണ്ടെങ്കിൽ ബുദ്ധിനെ കുറിച്ചോ പ്രണാദനെ കുറിച്ചോ ഗൗതമനെ കുറിച്ചോ അവരൊക്കെ സത്യദർശികളാണെന്ന് അഭിപ്രായമുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്നില്ല എന്തായാലും അവരുടെ ദർശനമായിട്ട് അനുയായികൾ പ്രചരിപ്പിച്ചിരിക്കുന്നു ഭേദ അതിനെയാണ് ഞാൻ നിഷേധിക്കുന്നത് ചോദ്യം ചെയ്യുന്ന പറയുന്നത് ഇനി പരമാർത്ഥത്തിലെ ഒരു ബുദ്ധനുണ്ടെങ്കിലോ പരമാർത്ഥത്തിലെ ഒരു ഗൗതമനും കണാദനും ഉണ്ടെങ്കിലോ സത്യദർശിയായി അതിൽ അംഗീകരിക്കുന്നതിനോട് ശങ്കരയർക്കും വിഷമമൊന്നുമില്ല പക്ഷെ ഇന്ന് തന്റെ മുമ്പിൽ പ്രചരിച്ചിരിക്കുന്ന കാണാതന്മാര് പ്രണാതന്റെ അനുയായികൾ പറയുന്ന ആ ദർശനം പറഞ്ഞില്ലേ കപിലനെ തന്നെ രണ്ടുപേർ കാണുന്നില്ല ഒരാൾ അദ്വൈതം പറയുന്ന കപിലൻ ഒരാൾ ദ്വൈതം പറയുന്ന കപിലൻ അതുപോലെ ഇന്നും ഒരു വിഷം കണ്ടക്കൊണ്ടാണ് ഇവിടെ കാണാതത് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രണാത അനുയായികളുടെ ദർശനം ആഹ്ദാഹ ഇങ്ങനെയൊക്കെ പറയാറു അവരെന്താ പറഞ്ഞത് കഷായ രക്തം ഇവ ക്ഷാരാധ്രം അല്ലേ ഭാവി വെള്ളത്തുണിയെ എങ്ങനെയാണോ മലിനമാക്കുന്നത് അത് കഷായ രക്തവർണമാക്കുന്നത് അങ്ങനെ സംബന്ധിക്കുന്നു ഉള്ള വസ്ത്രത്തിൽ കവിമുക്കുന്നു ഡൈ ചെയ്യുന്നു എളുപ്പ് രക്തവർണത്തിൽ മാറുന്നു അതുപോലെ പറയുന്നതാണ് നവഭിർ ആത്മഗുണൈഹി ബുദ്ധി സുഖ ദുഃഖ ഈച്ഛ ദേശ പ്രയത്ന ധർമാധർമ്മ സംസ്കാരം എന്ന് പറയുന്ന നവഗുണങ്ങളെക്കൊണ്ട് ഈ ആത്മതത്വം പരിശുദ്ധമായ ആത്മതത്വം യുക്തം എന്ത് ആത്മദ്രവ്യം ആത്മാവിനെ ഒരു ദ്രവ്യമാണ് എന്ന് പറഞ്ഞ് ആത്മ ദ്രവ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഒരു വസ്തുവായി പദാർത്ഥമായിട്ട് അതിന് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അത്വിധത്തിൽ ആത്മാവ് വസ്തുവല്ല പദാർത്ഥമല്ല ഇവരങ്ങനെയാണ് പറയുന്നത് അത് ആ ഒരു ദ്രവ്യമാണ് പൃഥ്വി പോലെ ഒരു ദ്രവ്യം അപ്പ പോലെ തേജസ് പോലെ വായുപോലെ ആകാശം പോലെ മനസ്സ് പോലെ ഒരു ദ്രവ്യമാണ് ആകാ ദിക്കുപോലെ കാലം പോലെ ഒക്കെ ഒരു ദ്രവ്യമാണ് എന്നാണ് ആത്മദ്രവ്യം ഇതൊക്കെ സംബന്ധമാണ് ചിലർ പറയുന്നു അഹം എന്നറിയുന്നു പ്രത്യക്ഷ വിഷയമായിരിക്കുന്നു വൈശേഷികന്മാർ പറയുന്നു അഹമസ്മി എന്നുള്ള അനുഭവത്തിലൂടെ പ്രത്യക്ഷമാകുന്ന ദ്രവ്യമാണത് നയായികന്മാർ പറയുന്നല്ലാതെ അനുമാന ലഭ്യമാണ് ശിത്യം കുരാതികും സകർത്തൃകം കാര്യത്വട ഈശ്വരനെ അനുമാനിക്കുന്നത് പോലെ അനുമാനത്തിന് പ്രാമാണ്യം കൊടുത്തിട്ട് അവർ അങ്ങനെ അവരുടെ കാടുകേരി ചിന്ത ആത്മാവിനോട് ഗുണങ്ങൾ ചേരുന്നു അപ്പോൾ ആത്മാവ് ഗുണമുള്ളതായിത്തീരുന്നു ആത്മാവ് സുഖിയാകുന്നു ആത്മാവ് ദുഃഖിയാകുന്നു ആത്മാവ് ദ്രവ്യമാണ് നിരവധികാരിയാണ് അത് പറയുന്നുണ്ട് നിത്യമാണ് തന്നെ അവരംഗീകരിക്കുന്നുണ്ട് നിരവയവമാണ് അത് അംഗീകരിക്കുന്നുണ്ട് വിഭവമാണ് അതംഗീകരിക്കുന്നു അത് ഇതിൻ്റെ പക്ഷേ ഒന്ന് പറയുന്ന എന്താണ് ആത്മാവിനും ഗുണം ഇരിക്കുന്നു സമവായ സംബന്ധത്തിൽ ജ്ഞാനസമായി ആത്മാ ജ്ഞാനവാ ആത്മാ ഇതൊക്കെയാണ് വേണ്ട അതൊന്നും ഒരിക്കലും വേർതിരിക്കാൻ വയ്യാത്ത രീതിയിൽ അത് ഇരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള അസംബന്ധങ്ങൾ പറയുന്നു ആത്മാവിനെ സംബന്ധിച്ച് അദ്വൈതിയുടെ നിലപാട് തന്നെ അത് വസ്തുവല്ല അതിനെ കുറിച്ച് പരമാവധി പറയാമെന്നുള്ള എന്താണ് അതൊരു തത്വം യഥോ വാച്ചോന്ന് വർത്തന്തേ സത്താണ് ചിത്താണ് ആനന്ദമാണ് ഈ ശബ്ദങ്ങളുടെ എല്ലാം താല്പര്യമായി പരമ താൽപര്യമായി നിലനിൽക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് സിദ്ധി പറയുന്നത് പദാർത്ഥം എന്ന് പറഞ്ഞാൽ പദത്തിന്റെ അർത്ഥമായിരുന്നു പതേ അർത്ഥ്യത ന്യായതയെ പദങ്ങളിലൂടെ അറിയുന്നത് അറിയപ്പെടുന്നത് അതാണ് പദാർത്ഥം ഇത് പദങ്ങളിലൂടെ ശബ്ദത്തിലൂടെ അറിയുന്ന അദ്വൈതി പറയുന്ന ആത്മതത്വവും ഈ കണാതന്മാര് പറയുന്ന ആത്മതത്വമായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസം അങ്ങനെയുള്ള മഹാപ്രാജ്ഞന്മാർ കൂടി ഈ ആത്മതത്വത്തിൽ വിമോഹത്തെ പ്രാപിച്ചിരിക്കുമ്പോഴാണ് ഈ മന്ദബുദ്ധിയായ നീ പറയുന്നത് ഇതൊക്കെ കാണുന്ന ഇതാണ് സത്യമൊന്നും ആത്മാവെന്ന് പറഞ്ഞാൽ സത്യം ഇതൊക്കെ സത്യംന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആത്മാവെന്നാണ് അർത്ഥം അതല്ല ഇതൊക്കെ ആത്മാവെന്നല്ലോ പറഞ്ഞു വരുന്നു അങ്ങനെ പറഞ്ഞാലും തെറ്റിദ്ധാരണ ഉണ്ടാവും അങ്ങനെ പിന്നെ മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല ഇതൊക്കെ തന്നെ ആത്മാവ് അത് വിഭ്രമത്തിൽ ഉണ്ടാവും അതന്നെ ഇതിന്റെ താല്പര്യം സർവേത് സത്യം സർവംഖല് ബ്രഹ്മ എന്ന് പറയും ബ്രഹ്മ എന്ന് വെച്ചാൽ സത്യം സർവംഖല് ഇതും സത്യം എന്ന് പറയും സ്നേഹ നാനാസ്തികിഞ്ചന എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഭേദത്തെ നിരാകരിച്ചുകൊണ്ടാണ് ഇതെല്ലാം സത്യം എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെയല്ല ഭേദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഇതൊക്കെ സത്യം എന്ന് പറയുന്നത് രണ്ടും തമ്മിലും വ്യത്യാസമുണ്ട് ഭേദത്തെ നിരാകരിച്ചുകൊണ്ട് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസുദേവ സർവമിതി ഭേദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് സത്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സർവമ ഭേദസത്യം ഇപ്പൊ ജഗത് സത്യം എന്ന് പറയുന്നിടത്ത് ഭ്രമവുമുണ്ട് സത്യമുണ്ട് അവർ തിരിച്ച് മനസിലാകും അപ്പോ ആത്മദ്രവ്യം വിശോധയിതം പ്രവൃത്ത ആത്മദ്രവ്യം ആത്മാവിനെ തെളിച്ചെടുക്കണം എന്ന് പറഞ്ഞ് ോ കൂടി പ്രവർത്തിച്ച ആചാര്യന്മാരുകൂടി അവിടെ പരാജയപ്പെട്ടു തത്വത്തെ ഗ്രഹിക്കാൻ പരമാർത്ഥഗ്രാഹികളല്ല അവര് പിന്നെയാണ് നീ എന്നാണ് തഥാ അന്യ കർമ്മിണ ബാക്കിയ വിഷയ അപഹൃത ചെയ്തു വേദപ്രമാണ അഭിപരമാർത്ഥ സത്യം ആത്മീകത്വം ഇന്ദ്രവന് മന്യമാന ഘടിയ ആരോഹ അവരോഹപ്രകാരി അനിശം ബംഭ്രമതി അന്യ കർമ്മിണ ഇനി പൂർവ കർമ്മകാണ്ടികളെ കുറിച്ച് പറയും വേദത്വ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു കർമ്മകാണ്ടികൾ അപഹൃത ചെയ്ത സഹ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിലാണെന്നോട്ട് അതാണ് ബാഹ്യപക്ഷം പശുപുത്രാദികളിലാണ് അവരുടെ താല്പര്യം വിത്തത്തിലാണ് അവരുടെ ശ്രദ്ധ മുഴുവൻ വേദപ്രമാണാദി പറയുന്നു അവര് വേദത്തെ പ്രമാണമായി സ്വീകരിച്ചിട്ട് കൂടി പക്ഷെ അവന്റെ ആ പ്രമാണം അത് അതിന് എനിക്ക് സ്വീകാര്യമല്ല വേദം മുഴുവൻ പ്രമാണം തന്നെ പക്ഷേ ആത്മതത്വത്തിന് പ്രമാണമല്ലെങ്കിൽ അത് അവേദമാണ് അതുകൊണ്ടാണ് പറയുന്നത് വേദപ്രമാണ അപി പരമാർത്ഥസത്യം ആത്മീകത്വം വിനാശം പോലെ ആ പരമാർത്ഥിയുമായ ആത്മീകത്വത്തെ അവർ ഗ്രഹിച്ചില്ല ആത്മാവിനെ അവർ ഗ്രഹിച്ചു ശരീരത്തിൽ നിന്ന് വേറിട്ട് അഗ്നിഹോത്രം ചെയ്യാനും അതിന്റെ ഫലത്തെ അനുഭവിക്കാനുമായി ഒരുവനുണ്ട് എന്നവരെ ധരിച്ചു പക്ഷെ ഏകത്വത്തെ ധരിച്ചില്ല സർവഭൂതത്തെയും ആത്മാവിനെ കാണുന്ന ഏകത്വബുദ്ധി ആത്മാവിന് സർവത്തെയും കാണുന്ന ഏകത്വബുദ്ധി അത് അവർക്കുണ്ടായില്ല അവിടെ തകരാർ ആത്മാവുമുണ്ട് അതിനെ അംഗീകരിക്കുന്നോണ്ട് കാര്യമൊന്നുമില്ല ഈശ്വരനുണ്ട് അംഗീകരിച്ചെന്ന് വിചാരിച്ചിവിടെ വിശേഷിച്ച കാര്യമൊന്നും അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ പറയുന്ന വിശ്വാസികൾ ആസ്തികനാണ് അവൻ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല അവൻ ആസ്തികനാണ് ഇവിടെ ആസ്തികത്വവും നാസ്തികത്വവും അദ്വൈതി അങ്ങനെയല്ല സ്വീകരിച്ചിരിക്കുന്നു കാരണം ഇവിടെ പറയുന്ന ഗൌതമനും ഗണാതനും ഒക്കെ ഈശ്വരനെ അംഗീകരിച്ചവരാണ് പക്ഷേ അവർ പാടെ നിഷേധിക്കുന്നു അദ്വേദിയെ സംബന്ധിച്ചിടത്തോളം ഏകത്വ ദർശനം അല്ലെങ്കിൽ അഭേദ ദർശനം അതാ വേണ്ടത് അല്ല ഈശ്വരനെ സ്വീകരിക്കുന്നോ നിഷേധിക്കുന്നോന്നുള്ളതല്ല ആ സ്വീകരിച്ചാൽ നല്ലത് നിഷേധിക്കുന്നവനെക്കാളും നല്ലത് എന്നെയുള്ളൂ സർവാചകനെക്കാളും അവൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടവനാണ് മുഖ്യമതല്ല ആ ഏകത്വത്തെ അംഗീകരിച്ചതാണ് ഇനി ആത്മാവിനെ സ്വീകരിക്കുന്നു അല്ലേ എന്നുള്ളതും അദ്വൈതിക്ക് വിഷയമല്ല കാരണം കപിലൻ ആത്മാവിനെ അംഗീകരിച്ചു പക്ഷെ അദ്വൈതി അവനോടൊരു ദൈവം കാണിച്ചത് നിശിതമായി നിഷേധിച്ചു നിർഗുണമായി ആത്മാവിനെ സ്വീകരിച്ചാലും വിശേഷമുണ്ട് കാരണം കാബിലന്മാരും നിർഗുണമായ ആത്മാനുസ്വീകരിച്ചു പക്ഷെ അദ്വൈതിക്ക് അതും സമ്മതമായി അദ്വൈതിയെ സംബന്ധിച്ച് ആ ഏകത്വം അത് തന്നെ പറഞ്ഞു സദേവ സൗമ്യ തത് തുമസി അവിടെ തന്നെ എത്തിച്ചേർന്നു തത് സത് തുമസി ആ സത് നീ ആണ് എന്ന് തന്നെ ആഗ്രഹിക്കുന്നു എന്നാലും അദ്വൈതിക്ക് സമ്മതമാണ് എല്ലാം അസംബന്ധം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയത്തേ ഉള്ളൂ പക്ഷെ അവർക്ക് കുറച്ചുകൂടി ഉയർന്ന സ്ഥാനം കൊടുക്കും ആരെക്കാളും സാർവാദകനെക്കാളും ബൌദ്ധന്മാരെക്കാളും ആർഹതന്മാരെക്കാളും കുറച്ച് മെച്ചപ്പെട്ട ഒരു സ്ഥാനം കൊടുക്കും ദാർശനികമായി ചർച്ച ചെയ്ത് അവർക്ക് ഒരു ഉയർന്ന് സീറ്റ് കൊടുക്കും നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാമോ പക്ഷെ അത് അംഗീകരിക്കാൻ വേണ്ടിയല്ല നിഷേധിക്കാൻ വേണ്ടിയു ഈ കർമ്മകാണ്ടികൾ വേദപ്രമാണത്തെ സ്വീകരിച്ചിരിക്കുന്നവരും പരമാർത്ഥ സത്യം ആത്മീകത്വം വിനാശമേവ ഇന്ദ്ര വന്മന്യുമാനാഹ ഇന്ദ്രൻ എങ്ങനെയാണോ ഭയം പ്രദർശ എന്ന് പറഞ്ഞ ഭയത്തെ കണ്ടു നാശത്തെ കണ്ടു അതായത് ആത്മാവിന്റെ നാശത്തെ കാണുക എന്ന് പറഞ്ഞാൽ സ്വന്തം നാശത്തെ കാണുകയാണ് ആത്മാവ് കാണല്ലേ അതേ അവസ്ഥ തന്നെയാണ് അതുകൊണ്ട് ഇവർക്കൊന്ന് പറ്റുന്നു ഘടീയന്ത്ര ഘടീയന്ത്രത്തെ പോലെ യൂസോഫറമ്പിലൊക്കെ പുള്ളി കിട്ടുന്ന കറങ്ങുന്ന ഒരു യന്ത്രമുണ്ടല്ലോ അതാണ് ഘടീയന്ത്രം ഇങ്ങനെ പോകും വരും അതുപോലെ ഇവരും എന്ത് ചെയ്യുന്നു സ്വർഗത്തിലേക്ക് പോകുന്നു വീണ്ടും ഭൂമിയിലേക്ക് വരുന്നു കർമ്മം ചെയ്യുന്നു ആരോഹ അവരോഹപ്രകാരേ ഹി അനുശം ബഭ്രമതി അവരിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ സംസാരത്തിൽ നിന്നവർ മുക്തരാകുന്നല്ല ആ തർക്കം തന്നെയാണ് ഭ്രമം ഭ്രമണോന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ് ഒന്നിങ്ങനെ കറങ്ങുക ഇങ്ങനെ പോയിട്ട് താഴ്വര മറ്റൊന്ന് ബുദ്ധി എന്നെ ഭ്രമിക്കുക അതും ഒരു തർക്കമാണല്ലോ ബുദ്ധിയുടെ തറക്കം പിന്നെയാണോ ിമന്യ ക്ഷുദ്രജന്തവ വിവേകഹീന സ്വഭാവ ബഹർഭുഷയ അപഹൃത കേസ് പിന്നെയാണ് നീ എന്നാണ് ആരെ യോദത്തിന്റെ സർവമു സത്യം എന്ന് പറഞ്ഞാൽ നിന്നോട് പിന്നെന്ത് സമാധാനം പറയാനാണ് സത്യത്തെ വളരെ അനായാസമായി കണ്ടുപിടിച്ച അല്പബുദ്ധിയായിരുന്നു നേരത്തെ പറഞ്ഞില്ലേ അനധികാരണം ദുർജ്ഞാനം ആത്മതത്വം അനധികാരിയായ നിനക്ക് ആത്മതത്വം ദുർജ്ഞാനമാണ് ക്ഷുദ്രഗന്ധവ എന്ന പറയുന്നു അല്പബുദ്ധി എന്നാരിത്വത്തെ ഇങ്ങനെ പറയുന്നു അതാരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഒന്നുമല്ല പരമാർത്ഥം പറയബുദ്ധി ആജ്ഞൻ വിവേകഹീന ഈ ബോധമൊന്നുമില്ല സ്വഭാവതയേവാ അതാണ് മുമ്പ് പറഞ്ഞത് ഉണർന്നാൽ ഉറങ്ങുന്നത് വരെ ജനിച്ചാൽ മരിക്കുന്നത് വരെ അതാണ് സ്വഭാവം ബഹിർവിഷയ അപഹൃതചേതസ് ബാഹ്യ വിഷയങ്ങൾതെ അപഹരിച്ചു കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് സർവേദസൃം ഞാൻ സമാനം പറയുന്നു പറഞ്ഞാലോ സർവേദ സത്യം എനിക്ക് അസ്ഥിയേവാ ശരി തന്നെ നീ പറഞ്ഞത് ശരിയെന്നെ ഇതെല്ലാം സത്യം തന്നെയാണ് പക്ഷെ ഒരു കുഴപ്പം നിനക്ക് പറ്റിയെന്താണ് നീ സത്യത്തെ വളരെ അനായാസമായി ഗ്രഹിച്ചു ദുരപഗമമായിരിക്കുന്ന സത്യത്തെ മഹാപ്രാജന്മാരായ ഋഷിമാർക്ക് കൂടി കപിലൻ ഗണാഥൻ ഗൌതമൻ പോലെയുള്ള കഴിയാത്ത ആ സത്യത്തെ നീ അനായാസമായി ഗ്രഹിച്ചിട്ട് പറയുന്നു ഇതൊക്കെ സത്യമാണ് എന്നെ കുറിച്ച് നീ മനസ്സിലാക്ക എന്താണ് നീ ഒരു ക്ഷുദ്ര ജന്തു ആണ് ഇതിന്റെ ഈ അറിവ് ഒരു സഹജമാണ് ഇവിടെ ശ്രുതിയുടെ സഹായമില്ല ഗുരുവിന്റെ ഉപദേശമില്ല എന്ന് ആ മൂർഖനെ ബോധവത്കരിക്കാൻ ശ്രമിക്കും അജ്ഞൻ പിന്നെ ഈ പറഞ്ഞതൊക്കെ കപലിന് മനസ്സിലായില്ല കണാദന് മനസ്സിലായില്ല ഭൂതവിന് മനസ്സിലായില്ല എനിക്കും മനസ്സിലായില്ല പിന്നെ ഇത് വേണ്ടിയാ പറയുന്നത് അത് അടുത്ത ദിവസം പറയും